ം ഏഴ് യഹോമയായ കർത്താവ് എനിക്ക് കാണിച്ചതെന്തെന്നാൽ പുല്ല് രണ്ടാമത് മുളച്ച് തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു അത് രാജാവിന്റെ അരിഞ്ഞശേഷം മുളച്ച രണ്ടാമത്തെ പുല്ല് എന്നാൽ അവ ദേശത്തിലെ സസ്യം തിന്നു തീർന്നപ്പോൾ ഞാൻ യഹോമയായ കർത്താവെ ക്ഷമിക്കണമേ യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു അത് സംഭവിക്കയില്ല എന്ന് യഹോവ അരുളിച്ചു യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെന്തെന്നാൽ യഹോവയായ കർത്താവ് തീയാൽ വ്യവഹരിപ്പാൻ അതിനെ വിളിച്ചു അത് വലിയ ആഴിയെ വറ്റിച്ചു യഹോവയുടെ ഓഹരിയെയും തിന്നുകളവാൻ ഭാവിച്ചു അപ്പോൾ ഞാൻ യഹോവയായ കർത്താവെ മതിയാക്കേണമേ യാക്കോബ് നിവർന്നു നിൽക്കും അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു അത് സംഭവിക്കുകയില്ല എന്ന് യഹോവയായ കർത്താവ് അരുളിച്ചെയ്തു അവൻ എനിക്ക് കാണിച്ചു തന്നത് കർത്താവ് കയ്യിൽ തൂക്കുകട്ട പിടിച്ചുകൊണ്ട് തൂക്കുകട്ട തൂക്കിയുണ്ടാക്കിയൊരു മതിലിന്മേൽ നിന്നു യഹോവ എന്നോട് ആമോസെ നീ എന്തു കാണുന്നു എന്ന് ചോദിച്ചതിന് ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു അതിന് കർത്താവ് ഞാൻ എന്റെ ജനമായ ഇസ്രയേലിന്റെ നടുവിൽ ഒരു തൂക്കുകട്ട പിടിക്കും ഞാനിനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല ഇസഹാക്കിന്റെ പൂജാഗിരികൾ പാഴും ഇസ്രയേലിന്റെ വിശുദ്ധ മന്ദിരങ്ങൾ ശൂന്യവുമായി തീരും ഞാൻ യോരോബയാം ഗ്രഹത്തോട് വാളുമായി എതിർത്തു നിൽക്കുമെന്ന് അരുളി ചെയ്തു എന്നാൽ ബേഥലിലെ പുരോഹിതനായ അമസ്യാവ് ഇസ്രയേൽ രാജാവായ യോരോബയാമിന്റെ അടുക്കൽ ആളയച്ചു അമോസ് ഇസ്രായേൽ ഗ്രഹത്തിന്റെ മധ്യെ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു അവന്റെ വാക്കൊക്കെയും സഹിപ്പാൻ ദേശത്തിന് കഴിവില്ല യൂരോബ് മരിക്കും ഇസ്രയേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ ആമോസ് പറയുന്നു എന്ന് പറയിച്ചു എന്നാൽ ആമോസിനോട് അമസ്യാവോ എടോ ദർശക യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക ബേഥേലിലോ ഇനി പ്രവചിക്കരുത് അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു അതിന് ആമോസ് അമസ്യാവോട് ഞാൻ പ്രവാചകനല്ല പ്രവാചക ശിഷ്യനുമല്ല ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമത്രേ ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവയനെ പിടിച്ചു നീ ചെന്ന് എന്റെ ജനമായ ഇസ്രയേലിനോട് പ്രവചിക്ക എന്ന് യഹോവയനോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു നീ യഹോവയുടെ വചനം കേൾക്ക ഇസ്രയേലിനെക്കുറിച്ച് പ്രവചിക്കരുത് ഇസഹാഖ് ഗ്രഹത്തിന് നിന്റെ വചനം പൊഴിക്കരുത് എന്ന് നീ പറയുന്നുവല്ലോ അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിന്റെ ഭാര്യ നഗരത്തിൽ വേശിയാകും നിന്റെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും നിന്റെ ദേശം അളവുന്നൂൽകൊണ്ട് വിഭാഗിക്കപ്പെടും നീയോ ഒരു അശുദ്ധദേശത്തുവച്ച് മരിക്കും ഇസ്രയേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടിവരും